നൊസീഖും ഈയായവത്തു കൊന്ന് ബഹുമാന്യ സഹോദരന്മാരെ ഇന്ന് ലക്ഷക്കണക്കിന് ഹാജിമാരെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ബഹുമാന്യനായ ഫുലത്ത് ഷേഖ് അബ്ദുൽ അസീസ് അലുഷേഖ് നടത്തിയിട്ടുള്ള അറഫ പ്രസംഗത്തിന്റെ ഒരു സംക്ഷിപ്ത തെർജുമയാണ് ഇവിടെ നടത്തുന്നത് പല പരിമിതികളും ഉണ്ടായിരുന്നു ആ പ്രസംഗം മുഴുവൻ കേൾക്കുന്നതിന് കാരണം വളരെ കൃത്യമായി ഒന്ന് അദ്ദേഹത്തിന്റെ പ്രായവും പിന്നെ ആ പ്രസംഗം നമുക്ക് നൽകിയിട്ടുള്ള മീഡിയകളുടെ ചില പ്രശ്നങ്ങളും കാരണം വളരെ കൃത്യമായും സ്പഷ്ടമായും ആ പ്രസംഗം എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഏറെക്കുറെ ഒരാകത്തുക അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ സംക്ഷിപ്തമായ അതിന്റെ പോയിന്റ് വിശദീകരിക്കുകയാണ് മഹാനായ ഒരു പണ്ഡിതൻ നടത്തിയിട്ടുള്ള പണ്ഡിതോചിതമായ എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള വളരെ ബൃഹത്തായ ഒരു പ്രസംഗത്തിൽ എന്നെപ്പോലെ അറിവിൽ വളരെ താഴെ നിൽക്കുന്ന എല്ലാ നിലക്കും ഇതിന് യോഗ്യതയില്ലാത്തവരാൾ അത് ഭാഷാന്തരം ചെയ്യുമ്പോഴുള്ള പല ന്യൂനതകളും അതിനുണ്ടാകും എന്നത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം അള്ളാഹു സുബാനുഹത്താല ഇതിലെ തെറ്റുകൾ പൊറുക്കുകയും ഇതിലെ നല്ല വശങ്ങൾ സമൂഹത്തിന് ഉപകാരപ്രദമാക്കി തീർക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വളരെ വ്യക്തമായ ഒരു തവഹീദ് ആദർശത്തിലാണ് അള്ളാഹു സുബാൻ മുഹത്താല ഈ ദീനിനെ ഊട്ടി ഉറപ്പിച്ചിട്ടുള്ളത് അള്ളാഹു മാത്രമാണ് ഇലാഹെന്നും അവൻ മാത്രമാണ് ആരാധ്യനെന്നും സൃഷ്ടാവും വിളാഹുമായ അവനെ മാത്രം പ്രാർത്ഥിക്കണമെന്നുമുള്ള ശക്തമായ ആഹ്വാനത്തിലാണ് ഈ മതം സ്ഥാപിച്ചിട്ടുള്ളത് വിഷുദുർ അള്ളാഹുസുബാനുത്തല പറഞ്ഞു വൈൻ എംസസ്ക് ഫല കാൻ ഫല റാദ് ബുദ്ധിമുട്ട് നിനക്കുണ്ടാക്കാൻ അള്ളാഹുസുബാനുഹത്തല തീരുമാനിച്ചാൽ നിനയിൽ നിന്ന് ആ ഉപദ്രവം നീക്കിത്തരാൻ അള്ളാഹു അല്ലാതെ വേറെ ആർക്കും സാധ്യമല്ല നിനക്കേതെങ്കിലും ഒരു നന്മയുണ്ടാകണമെന്ന് അല്ലാഹു ആഗ്രഹിച്ചാൽ ആ നന്മ നിന്നിലിന്ന് തടുക്കുവാനും അതിനക്ക് നഷ്ടപ്പെടുത്തുവാനും ആർക്കും സാധ്യമല്ല അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവന്റെ നന്മകൾ നൽകുന്നു അവൻ അങ്ങേറ്റം പൊറുക്കുന്നതിനും കാരുണ്യവാനുമാണ് ഈ നിലക്ക് ഉപകാരങ്ങൾ ചെയ്യാനും ആ ഉപദ്രവങ്ങൾ തടുക്കുവാനും കഴിവുള്ളവൻ അള്ളാഹു സുബഹാൻ മുഹത്തല മാത്രമാണെന്നാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കാതൽ അതുകൊണ്ടുതന്നെ അള്ളാഹു അല്ലാത്ത ഏതൊരു ശക്തിയോടും വ്യക്തിയോടും മൃഗങ്ങളോടും അതുപോലെ തന്നെ ജീവനുള്ള വസ്തുക്കളോടും ശക്തികളോടും പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വിഡ്ഡിത്തമാണ് ഖിയാമൻ നാളു വരെയും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുവാൻ അവർക്ക് സാധ്യമല്ല എന്ന് ഖുർആാൻ അസന്യക്തമായി പ്രഖ്യാപിച്ചിട്ടു ഒമൻ ദൂനില്ലാഹിമല്ല എസ് ജി ബുലഹുലായോമിൻ ഖിയാമൻ ദുഹിം കാഫിലൂൺ എന്ന് വിശുദ്ധ ഖുർആാൻ ഈ കാര്യത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അറിയിക്കുകയാണ് അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിടച്ചവൻ ആരുണ്ട് റിയാമെന്നാൾ വരെയും അവന് ഉത്തരം ചെയ്യാൻ സാധിക്കാത്തവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വലിയ വഴികേട് സംഭവിച്ചവൻ വേറെ ആരുണ്ട് അവരുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് അർത്ഥനയെ സംബന്ധിച്ച് തേട്ടത്തെക്കുറിച്ച് അവർ അശ്രദ്ധാൽക്കളാണ് അവർക്കത് കേൾക്കാനും സാധ്യമല്ല അവർക്കത് മനസ്സിലാക്കാനും സാധ്യമല്ല അവർക്ക് ഉത്തരം ചെയ്യാനും സാധ്യമല്ല അതുകൊണ്ടുതന്നെ ലായിലാഹയിലുള്ള എന്ന സന്ദേശം ഏറ്റവും ശക്തമായി പറഞ്ഞാൽ അത് മനസ്സിൽ ഉറപ്പിക്കുകയും നാവുകൊണ്ട് വെളിപ്പെടുത്തി പറയുകയും ഹൃദയത്തിന്റെ ആന്ധരാളത്തിൽ ഉറപ്പിച്ച ആ കാര്യം പ്രായോഗിക ജീവിതത്തിൽ നടപ്പാക്കുകയും ചെയ്യലാണ് തവഹീദ് എന്ന് പറയുന്നത് കേവലം നാഖുകൊണ്ടുള്ള ഉച്ചാരണ മാത്രമല്ല അത് ഹൃദയത്തിന്റെ ഏറ്റവും ശക്തമായ അധാഘാത തലങ്ങളിൽ ഉറപ്പിച്ച് നാവുകൊണ്ടത് വെളിപ്പെടുത്തി സാധാരണ ജീവിതത്തിൽ അത് നടപ്പാക്കുക എന്നതാണ് തൌഹീദിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അതുകൊണ്ടുതന്നെ ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ശക്തമായ അവന്റെ കുറ്റമറ്റ തവഹീദ് അവൻ വിശ്വാസിയായിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ ഏറ്റവും ശക്തമായ ആ വിശ്വാസത്തെ ഊട്ടിയറപ്പിക്കുവാൻ അവന്റെ ബാധ്യസ്ഥരാണ് അതുകൊണ്ടുതന്നെ തക്കവയുടെ വിഷയത്തിലും പുണ്യത്തിന്റെ വിഷയത്തിലും പരസ്പരം സഹായിക്കുവാനും സഹകരിക്കുവാനും അള്ളാഹുസുബാനോഹത്തല പറയുന്നു ഇപ്പൊ തയാവനോ അൽ ബിരിവത്തക്കുവ വരാത്ത ആവനോ അൽ അൽ ഇസ്വിൽ നിങ്ങൾ പുണ്യത്തിന്റെ വിഷയത്തിലും തക്കവയുടെ വിഷയത്തിലും പരസ്പരം സഹായികളായിരിക്കണം പരസ്പരം സഹകരിക്കണം കുറ്റത്തിനും പരസ്പര ശത്രുതക്കും വേണ്ടി നിങ്ങൾ പരസ്പരം സഹായിക്കാൻ പാടില്ല സഹകരിക്കാൻ പാടില്ല എന്ന് പറയുന്നു അപ്പോൾ വിശ്വാസത്തെയും അഹീതയെയും നിലനിർത്തുന്നതിന് വേണ്ടിയും പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയുമുള്ള ശക്തമായ സഹകരണം മുസ്ലിം സമൂഹത്തിൽ നിന്നുണ്ടാകേണ്ടതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ജനതയോടുള്ള വിദ്വേഷം നീതി കാണിക്കാതിരിക്കാനും പ്രവർത്തിക്കുന്നതിനും ആ വിദ്വേഷം ഒരു തടസ്സമാകാൻ പാടില്ല എന്ന് ഖുർആാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കണം നീതിയുടെ സാക്ഷികളായിരിക്കണം ഏതെങ്കിലും ഒരു സമൂഹത്തോടുള്ള വിദ്വേഷം അവരോട് നീതി പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് തടസ്സമാവാൻ പാടില്ല എന്ന് പ്രേരിപ്പിക്കാൻ പാടില്ല അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് നിങ്ങൾ നീതി കാണിക്കുക തക്കവയോട് ഏറ്റവും അടുത്തത് നീതിപൂർവമായ നിലപാടുകളാണ് വാക്കിലും പ്രവൃത്തിയിലും നീതി കാണിക്കുക എന്നതാണ് തക്കവയോടെ ഏറ്റവും അടുത്തുള്ളത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു സുബ്ഹാനു താലം അതുകൊണ്ടുതന്നെ നാം ആ പരസ്പര സഹകരണത്തോടെയും സഹായത്തോടെയും നമ്മൾ ഈ വിശ്വാസത്തെ പ്രചരിപ്പിക്കുവാൻ ബദ്ധശ്രദ്ധരായിരിക്കേണ്ടതാണ് എന്നാൽ ധാരാളക്കണക്കിന് ഇലാഹുകളെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും അവയോട് സഹായം തേടുകയും അവരെ അവലംബിക്കുകയും ചെയ്ത മക്കാമിഷിരിക്കുകൾ വ്യക്തമായ തൊഹൈദ് മുഹമ്മദ് മുസ്തഫ സല്ലാസ്ലം അവരോട് പ്രോദനം ചെയ്തു അള്ളാഹുവിന്റെ മഹത്വത്തെയും വലിപ്പത്തെയും അധികാരത്തെയും അവന്റെ ശക്തിയെയും അവന്റെ മറ്റ് മഹത്വങ്ങളെയും അവരെ പരിചയപ്പെടുത്തി പക്ഷേ അവരത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല പകരം അവർ നിന്റെ ഒരു വാദം കേട്ടുകൊണ്ട് ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളെ ഉപേക്ഷിക്കുകയോ എന്നാണ് അവർ എടുത്തു പറഞ്ഞത് അതായത് ഞങ്ങൾ ഒരിക്കലും ഇന്നഹും ഖാനു ഇദാഹു ഇസ്തഖ്ഖു ആലിഹത്തിനാലി ഷാ ഇമജിനൂൺ ദൃശ്യമായും അവര് അല്ലാഹു മാത്രമാണ് ആരാധന കർഹൻ എന്നിവരോട് പറയപ്പെട്ടാൽ അവർ അഹങ്കാരം നടിച്ചിരുന്നു ആ വസ്തുത അവർ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല നേരെ മറിച്ച് അവർ പറയും ഷാ ഇരിമജിനൂൻ കവിയും ഭ്രാന്തനുമായ ഒരു വ്യക്തിയുടെ ജൽപ്പനം കെട്ട് ഞങ്ങൾ ഇതുവരെ പരമ്പരാഗതമായി കാക്ക കാരണന്മാരുടെ കാലം മുതലേക്ക് ആരാധിച്ചുവെന്ന് ഞങ്ങളുടെ വിഗ്രഹങ്ങളെയും ദൈവങ്ങളെയും ഉപേക്ഷിക്കുവാൻ ഉപേക്ഷിക്കുക എന്നതാണോ അവർ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കർക്കശമായ സ്വഭാവത്തോടുകൂടി മുഹമ്മദ് മുസ്തഫ സല്ലാസ്ലിവിന്റെ തവഹീദിനുള്ള ആഹ്വാനം തള്ളിക്കളഞ്ഞിരുന്നു ഏകനായ അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനത്തെ അവർ തള്ളിക്കളഞ്ഞിരുന്നു അതുകൊണ്ടുതന്നെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം യഥാർത്ഥത്തിൽ മുഴുവനും തൌഹീദിൽ അധിഷ്ഠിതമാണ് എന്റെ വിശ്വാസം അവന്റെ കർമ്മം അവന്റെ വാക്കുകൾ അവന്റെ ഇടപാടുകൾ അവന്റെ സാമൂഹ്യ ബന്ധങ്ങൾ അവന്റെ കുടുംബ ബന്ധങ്ങൾ എല്ലാം ഈ തൌഹീദിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം അഥവാ അവന്റെ ജീവിതത്തെ മുഴുവനും പരിശുദ്ധപ്പെടുത്തുന്നത് തൌഹീദിലുള്ള വിശ്വാസമാണ് അതുകൊണ്ടാണ് വിഷുദ്ൽ പ്രകാരം പറഞ്ഞത് കുൽഇന്ന സലാത്തി വനുസുഖി വ മഹയായ ഒ മമാറബില്ലാലമീൻ ദാ ശരീരൽ മുസ്ലിമീൻ കൊൽ പറയുക എന്റെ നമസ്കാരവും എന്റെ ബലികളും എന്റെ ജീവിതവും എന്റെ മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു അവനിൽ യാതൊരു പങ്കുകാരനുമില്ല അപ്രകാരം ആ വിശ്വാസം സ്വീകരിക്കുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ മുസ്ലിംകളിൽ ഒന്നാമത്തേവനാണ് എന്ന് പ്രഖ്യാപിക്കുവാനാണ് വിഷ്വദുരാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ എന്റെ ജീവിതവും എന്റെ മരണവും അതുപോലെ തന്നെ എന്റെ ബലികളും എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബഹാൻ മോഹത്തലാ കാണ് എന്റെ പ്രാർത്ഥനകൾ അള്ളാഹുവിനോടാണ് എന്റെ നമസ്കാരം അവനാണ് എന്ന് പ്രഖ്യാപിക്കുക വഴി ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ശക്തമായി സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമാണ് ഒരു ആദർശമാണ് തൊഴിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ പ്രാർത്ഥന മനുഷ്യന്റെ അറിവ് അതുപോലെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റത്തെ പ്രതീക്ഷ അർപ്പിക്കേണ്ടത് വണക്കത്തോടും കൂടി വണങ്ങി തവക്കൽ ചെയ്യേണ്ടത് അല്ലാഹുവിനോട് മാത്രമാണ് അതുകൊണ്ടുതന്നെ ഒരുപാട് ആരാധനകളിലൂടെ കർമ്മങ്ങളിലൂടെ ഈ വിശ്വാസത്തെ ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ അള്ളാഹു തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് അവന് നൽകിയ ഇബാദത്തുകൾ ഇതിന് നമസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് മറ്റ് സാലിഹായ കർമ്മങ്ങളൊക്കെ ഈ കാര്യം ഉറക്കുനിർവഹിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാ ഒരുപാട് ആരാധനാ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് ഇത് പൂർണമായും തവഹീദിൾ അധിഷ്ഠിതമായിട്ടുള്ള ആരാധനാ കർമ്മങ്ങളാണ് അതുപോലെ തന്നെ സാലിഹായ ഒരുപാട് കർമ്മങ്ങൾ അവനോടനുഷ്ഠിച്ചുകൊണ്ട് ഈ വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ അള്ളാഹ് കൽപ്പിച്ചിട്ടു ഇതുപോലെ തന്നെ ഈമാനിനെ പൂർത്തീകരിക്കുന്നുവെന്നാണ് അവന്റെ സൽസ്വഭാവങ്ങൾ സൽസ്വഭാവം വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ ഫസു അലിസ്ലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ തവഹീദിനെ സാലിഹായ കർമ്മങ്ങൾ കൊണ്ട് അലങ്കരിക്കാനും അലങ്കാരമാക്കാനും ഒരു മുസ്ലിം തയ്യാറാകേണ്ടതാണ് അവന്റെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നത് കർമ്മങ്ങളിലൂടെ അവൻ അതിനെ തെളിയിക്കുകയും അതിനെ സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു വിശ്വാസിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് നന്മയിലും പുണ്യത്തിലും പരസ്പരം സഹകരിക്കുന്നവനാണ് അതുപോലെ തന്നെ അവന്റെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് ആരോടും അവന് വിദ്വേഷമുണ്ടാകാൻ പാടില്ല അവന്റെ ആദർശത്തിലുള്ള പ്രതിയോഗികളോട് പോലും അവൻ വളരെയധികം സൌമ്യതയോടുകൂടിയും വിട്ടുവീഴ്ച മനസ്ഥിതിയോടുകൂടിയും അവന്റെ ശത്രുക്കളോട് പോലും അവൻ ആ നിലപാടാണ് സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് തസാമഹൾ വിട്ടുവീഴ്ച ചെയ്യുക സഹിഷ്ണുത കാണിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ ഉത്തമമായ സ്വഭാവത്തിൽപ്പെട്ടതാണ് മാത്രമല്ല ബഷുദ് അനിൽ അള്ളാഹു സുബാനുഹത്തല പറയുന്നു വല്ലതീന തൊഴുനമിൻ ദുനില്ലാഹി മാ എംലിഖൂനമിൻ ഖത്ബീർ ഇൻ തദുഴും ലായസ് വല സമിമാബുലക്കും വയോമൽ ഖയാമത്തി അക്ഫറുൽ ബിഷിർക്കും വലായി നബി കം ഇസുൽ ഹബീർ നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരു കാരക്കു കുരുവിന്റെ പൊതിഞ്ഞു നിൽക്കുന്ന പാടയിടത്ര പോലും നിങ്ങൾക്കെന്തെങ്കിലും ഗുണം ചെയ്യുവാനോ നിങ്ങളുടെ ഉപദ്രവത്തിൽ നിൽക്കുവാനോ ഉള്ള കഴിവ് അവർ ഉടമപ്പെടുത്തുന്നില്ല നിങ്ങൾ അഥവാ അവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന അവർ കേൾക്കുന്നില്ല അഥവാ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ അവർക്ക് സാധ്യവുമല്ല തെയ്യാമനാളിൽ നിങ്ങൾ പടച്ചവനിൽ അവരെ പങ്കുചേർത്തതിനെ അവർ അള്ളാഹുവിന്റെ മുമ്പിൽ വച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന അവസരത്തിൽ നിഷേധിച്ചു പറയും ഇത്രയും കാര്യങ്ങൾ സൂക്ഷ്മമാരെ അറിയുന്ന ഒരാൾ അല്ലാതെ അള്ളാഹുവല്ലാതെ ഈ കാര്യം നിനക്ക് പറഞ്ഞു തരാൻ വേറെ ആരുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനുഹുത്തല വിശ്വദുർ പറയുന്നു അതുകൊണ്ടുതന്നെ അള്ളാഹുവിന്റെ ഇത്രയും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഈ വിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് അതിന് അനുഗുണമായ ജീവിതത്തെ ശക്തിപ്പെടുത്തേണ്ടതാണ് പറഞ്ഞു തജവ്വതുയാലി അൽബാബ് നിങ്ങൾ തസവ്വതു അതിനുവേണ്ടിയുള്ള ഒരുക്കം ഭക്ഷണം തയ്യാറാക്കണം അതിനുവേണ്ടിയുള്ള ഒരുക്കം നടത്തണം അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം എന്നതാണ് തസവ്വതു എന്നതാണ് ജാദ് യാത്രയ്ക്ക് സാധാരണ ആളുകൾ ആഹാരം നേരത്തെ തയ്യാറാക്കി യാത്രാ വളകൾ ഉപയോഗിക്കുവാൻ വേണ്ടി തയ്യാറായി പോകാറുണ്ട് തസവ്വതു ഫൈൻ ഹൈറസ് ജാദ് ഭക്ഷണത്തിൽ ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളിലും നിങ്ങൾക്ക് ശക്തിയായി നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഘടകം തക്കുവയാകുന്നു അതുകൊണ്ട് ആ തക്കുവ നിങ്ങൾ തയ്യാറാക്കുക എന്നാണ് വിഷുദൂർ അണിൽ അള്ളാഹു സുബഹാന അതുകൊണ്ടുതന്നെ പ്രവാചകനോടുള്ള അനുസരണവും അദ്ദേഹത്തിന്റെ ചര്യ അനുധാപനം ചെയ്യുവാനുള്ള തയ്യാറെടുപ്പും പൂർണമായി അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളോടും വാക്കുകളോടും ചരികളോടുമുള്ള സമ്മതവും ഒരു മുസ്ലിമിന്റെ മഹത്തായ ലക്ഷണമാണ് അവന്റെ ഹുസൂസിയത്ത് അവന്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് വിഷുദ്ർ അള്ളാഹുഹു സുബഹാനല പറഞ്ഞു ഫലാവ് അറബിക്കലായ് ഉമിനൂൺ ഹത്തായുഹാക്കി മൂക്കഫി മാഷ് റബൈനഹും സുമല യെജുദൂഫി അംഫുസീം ഹഹ്റജമിമ്മ കതയിത്ത് വൈസല്ലി മൂത്തസ്ലിമ ഒരിക്കലും അവർ വിശ്വാസികളാവുകയില്ല അള്ളാഹു തന്നെയാണ് സത്യം നിന്റെ നാഥൻ തന്നെയാണ് സത്യം ഒരിക്കലും അവർ യഥാർത്ഥ വിശ്വാസികളാവുകയില്ല അവർക്കിടയിൽ അഭിപ്രായമിന്നതയുള്ള വിഷയങ്ങളിൽ താങ്കളെ വിധികർത്താവായി അവർ തീരുമാനിക്കുകയും എന്നിട്ട് സുമ്മല യേജുദൂഫി അംഫുസീം ഹഹർജം ഇമ്മ കതയിത്ത താങ്കൾ ഒരു കാര്യത്തിൽ വിധി പറഞ്ഞാൽ അതിൽ അതിനോട് അനിഷ്ടം അവരുടെ മനസ്സിൽ തോന്നാതിരിക്കുകയും ഒയ്സലി മൂത്തസ്ലീമ പൂർണമായും അതിനോട് സമ്പൂർണമായി മനസ്സമ്മതത്തോടുകൂടി അത് അംഗീകരിക്കുകയും ചെയ്യുന്നതുവരെ അവർ വിശ്വാസികളാവുകയില്ല എന്ന് വിശ്വത് അനഹ സുബഹാനത്തറ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സുന്നത്ത് നാം അതിനെ അംഗീകരിക്കുകയും അതിനെ സമ്മതിക്കുകയും പ്രവാചകനുള്ള അനുസരണം ഏറ്റവും ശക്തമായി നമ്മൾ കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ വിശ്വാസത്തിന്റെ വിശ്വാസിയുടെ ഏറ്റവും വലിയ ഹവിയ അവനെ തിരിച്ചറിയാനുള്ള യഥാർത്ഥ ലക്ഷണമാണ് അവന്റെ തവഹീദ് എന്ന് പറയുന്നത് അവന്റെ വിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ട് രക്ഷിതാക്കളെ ഉമ്മമാരെ പിതാക്കന്മാരെ ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ കയ്യിൽ അമാനത്തായി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സന്തതികളെ ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഊട്ടിയുറപ്പിച്ച് വളർത്തണം ആ വിശ്വാസത്തിലൂടെ വളർത്തണം ആരാധനകളിലും അവർക്ക് ബത്തശ്രദ്ധരുണ്ടായിരിക്കണം അതുപോലെ തന്നെ സ്വഭാവം നന്നാക്കണം അങ്ങനെ ഈ അക്കീതയിൽ വിശ്വാസികളായി ഈ അക്കീതയിൽ വളരുന്ന മക്കളായി അവരെ മാറ്റാൻ നിങ്ങൾ തയ്യാറായിരിക്കണം ഇന്ന് മനുഷ്യൻ ഒരുപാട് പ്രശ്നങ്ങളിൽ മനുഷ്യ സമൂഹം മാനവ സമൂഹം ഒരുപാട് പ്രശ്നങ്ങളിൽ ദുരിതമനുഭവിക്കുകയാണ് എവിടെയാണ് ഒരു നിലയറിയാതെ കഴത്തിൽ അവർ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവർക്ക് ഏറ്റവും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ജീവിതം നൽകുന്ന ഏറ്റവും ശക്തമായ ഒരു ആദർശം ഉണ്ട് എന്നത് അവർ തിരിച്ചറിയുന്നില്ല അതിന് മനുഷ്യ സമൂഹത്തിന്റെ നിന്ന് ആവശ്യമുള്ളത് ഈ ആദർശത്തിലേക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യ സമൂഹം ആവശ്യമുള്ള ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാനവ സമൂഹമേ ഈ സ്വച്ഛന്തമായ ഈ സച്ചരിന്തമായ ഈ വിശുദ്ധമായ ഈ ആദർശത്തെയും ഈ തൌഹീദിനെയും അംഗീകരിക്കുന്നതിലേക്ക് നിങ്ങൾ തിരിച്ചുവരണം നിങ്ങൾ ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ വരുന്നതിനെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹ് അലൈവ് വസ്ല്ലം ബഷീറും വനദീറുമായിട്ടാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം ഒരുപാട് സൽഗുണങ്ങളെ സംബന്ധിച്ച് സന്തോഷവാർത്ത അറിയിക്കുകയും നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏറ്റവും ക്രൂരമായ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് മുൻവരുത്തൽകുകയും ചെയ്തിട്ടു അതുകൊണ്ടുതന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ തസ്ദീഖ് എല്ലാ കാര്യങ്ങളും സമ്മതിച്ചുകൊണ്ട് അവന്റെ ഹൃദയത്തെ ഉറപ്പിച്ച് സർവാത്മന അള്ളാഹുവിന് സാക്ഷികളായിരിക്കണം പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് അവൻ വിചാരിക്കരുത് പരീക്ഷണങ്ങൾ അവന് പ്രതിഫലം നൽകാൻ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ് അതുകൊണ്ട് അം ഹസിബിത്തും ഇല്ലാഹുലദിനെ ജാഹദോമിൻകും അള്ളാഹു സുബാനോഹത്തൽ വ്യക്തമായി വിഷുദൂറാനിൽ പറയുകയാണ് നിങ്ങൾക്കങ്ങനെ എളുപ്പത്തിൽ സ്വർഗത്തിൽ കടന്നു കയറാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളിൽ ഇന്ന് ജിഹാദ് അഥവാ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം ചെയ്തവരും അതുപോലെ തന്നെ ക്ഷമ അവലംബിച്ചവരുമായ ആരാണ് എന്ന് വേർതിരിച്ച് പഠിച്ചവന് മനസ്സിലാക്കുകയും അവർക്ക് അംഗീകാരം നൽകുകയും ചെയ്യുന്ന സ്വഭാവത്തിലാണ് അള്ളാഹു സ്വർഗം നൽകുക അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ ഒരധ്വാനവും കൂടാതെ പരീക്ഷണങ്ങൾക്ക് വിധേയമാകാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുമോ അതുപോലെ തന്നെ വിശുദ്ധ അനു അള്ളാഹു സുബഹാന അക്സർഅന്നാസലായ അലമോൻ എല്ലാ മനുഷ്യസം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെയോ രാജ്യത്തിന്റെയോ ഭൂഖണ്ഡത്തിന്റെയോ പ്രവാചകനല്ല മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹിസ്വല്ലം നിരമറിച്ച് മാനവതയുടെ പ്രവാചകനാണ് ഒരു മനുഷ്യനും അതിൽ നിന്ന് വ്യത്യാസമില്ല ഇവിടെയുള്ള എല്ലാ മതക്കാർക്കും എല്ലാ സമുദായക്കാർക്കും എല്ലാ വർഗക്കാർക്കും എല്ലാ വർണ്ണക്കാർക്കും ഒരു ഉച്ചനീജത്വുമില്ലാതെ ഒരു വ്യത്യാസവും മാനവതയുടെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലാസ്ലം ബഷീറും നിദീറുമായിട്ടാണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടത് പക്ഷേ മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും ഈ സത്യസന്ധമായ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവർ പ്രവാചകരെ നിന്ദിച്ചുകൊണ്ടും അപകസിച്ചുകൊണ്ടും ഇരിക്കുന്നു അതുകൊണ്ട് തന്നെ നാം സർവാത്മന ഈ ആദർശത്തെ അംഗീകരിച്ചുകൊണ്ട് പൂർവിക പ്രവാചകന്മാരായ ഇബ്രാഹീം ഇസ്മായിൽ ഇസ്ഹാഖ് യാക്കൂബ് അതുപോലെ അദ്ദേഹത്തിന്റെ സന്തതികൾ മൂസാ നബി ഈസാനബി അലിഹി മുസ്ലാത്തു വസ്സലാം ഇങ്ങനെയുള്ള എല്ലാ നബിമാർക്കും നൽകപ്പെട്ട സന്ദേശം തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവിസ്ലമയും നമുക്ക് നൽകിയിട്ടുള്ളത് ഈ പ്രവാചക പരമ്പര എല്ലാവരും എത്രയും കുറ്റമറ്റ ഒരു ആദർശത്തെ മാനവ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിച്ചു ആ ആദർശം അംഗീകരിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് പ്രഖ്യാപിക്കുവാനാണ് കുർാനം പറയുന്നത് ുംഹനു നിങ്ങൾ പ്രഖ്യാപിക്കുക ആമന്നി ഞങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു ഇബ്രാഹീം ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആാനിലും ഇബ്രാഹീമിനും ഇസ്മായിലിനും ഇസ്ഹാക്കിനും യാഹൂബിനും സന്തതികൾക്കും അവതരിപ്പിക്കപ്പെട്ട വേദവാക്യങ്ങളിലും മതനിയമങ്ങളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഒമാ ഊത്തിയ മൂസാ ഈസ മൂസാനബിക്കും ഈസാനബിക്കും നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഒമാ ഊത്തിയ നബി യൂനമിർ റബ്ബിഹിം എല്ലാ അംബിയാക്കൻമാർക്കും എല്ലാ നബിമാർക്കും അവരുടെ രക്ഷിതാവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതിലും നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ലാ നുഫർ റിക്കു വൈന മിൻഹും ഒരു പ്രവാചകനോടും പക്ഷപാതപരമായൊരു വിഭജനം ഞങ്ങൾ കൽപ്പിക്കുകയില്ല പ്രവാചകുടുംബത്തിലെ എല്ലാവരും ഞങ്ങൾക്ക് ബഹുമാന്യരാണ് ഞങ്ങൾക്ക് ആദരവ് നൽകുന്നവരാണ് അതുകൊണ്ട് ഒരാളിൽ നിന്നും ഞങ്ങൾ ആരോടും പക്ഷപാതപരമായ ഒരു യുവജനം കൊണ്ട് ഒരാൾ ഉന്നതൻ ഒരാൾ അധമൻ എന്ന ഒരു പ്രവാചക കുടുംബത്തോട് ഞങ്ങൾ കാണിക്കുന്നില്ല ഒ ലഹു മുസ്ലിമോൻ ഞങ്ങൾ ആ സർവശക്തനായ അള്ളാഹുവിന്റെ സർവസ്വവും സമർപ്പിച്ചവരാണ് എന്ന് പറയാനാണ് വിശ്വാസികൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഇസ്ലാമിൽ യാതൊരുവിധ വർഗീയതയുമില്ല വർണ്ണത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ സമ്പത്തിന്റെ പേരിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭൂഖണ്ഡങ്ങളിൽ ജനിച്ചവൻ നിലക്കോ തറവാടിത്വത്തിന്റെ പേരിലോ കുടുംബമഹാത്മൃത്തിന്റെ പേരിലോ ഇസ്ലാമിൽ യാതൊരു വകതരവുമില്ല ഇവിടെ കൂടിയ അറഫ മൈതാനിയിലെ മുഴുവൻ സമൂഹവും അതിന് സാക്ഷിയാണ് വിവിധ വർണ്ണക്കാരും രാജ്യക്കാരും ഭാഷക്കാരും ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് തന്നെ ഇസ്ലാമിന്റെ ഏറ്റവും മഹത്തായ അതിന്റെ സമത്വത്തിനും അതിന്റെ സർവസ്വാതന്ത്ര്യത്തിനും സാഹോദര്യത്തിനുമുള്ള തെളിവായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടുതന്നെ ഏറ്റവും പ്രവാചക കുടുംബത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്ലൈസ്ലമയാണ് അദ്ദേഹം കൊണ്ടുവന്ന ദീൻ എല്ലാ അമ്പിയാക്കന്മാരുടെയും അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും ഒടുവിലെ പ്രവാചകനായി അള്ളാഹു സുബ്ബഹാനോത്തിൽ അദ്ദേഹത്തെ നിയോഗിക്കുകയും അതുകൊണ്ട് മാനവ സമൂഹത്തിനും മുഴുവനും ഒടുവിലേത്തെയും അവസാനത്തെയും പ്രവാചകനായി അദ്ദേഹം കടന്നുവരികയും ചെയ്തു അതുകൊണ്ടുതന്നെ നാം ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രയാസത്തിനുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നാം ആ ഉത്തമ സമൂഹത്തിലേക്ക് മടങ്ങലാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി ഇസ്ലമയും അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തോടൊപ്പം ജീവിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും മതം നേരിട്ട് മനസ്സിലാക്കിയ ആ സമൂഹം ലാ ഇസ്ലാഹു ആഹ്ർ ഹാദിഹിൽ ഉമ്മ ഇല്ല ബിമാ സലുഹലുഹ അതായത് ഈ സമുദായത്തിന്റെ ഒടുവിലുള്ള വിഭാഗം നന്നാവുകയില്ല എങ്ങനെയാണോ ഈ സമുദായത്തിന്റെ ആരംഭ വിഭാഗം നന്നായത് അതുപോലെയല്ലാതെ അതുകൊണ്ട് നമുക്കെല്ലാ മാതൃകയും അതുപോലെയുള്ള കാര്യങ്ങളുമെല്ലാം ആ പൂർവിക തലമുറയിലാണ് അഥവാ നബീസല്ലാഹു അലൈവലമയിൽ നിന്നും സഹാബത്തിൽ നിന്നുമാണ് നമുക്ക് മാതൃക അതുകൊണ്ടുതന്നെ ഏതൊരു വിഷയത്തിലും നമുക്ക് മതപരമായ ഒരു മാതൃകയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രമാണയോഗ്യമായ ഒരു കാര്യത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ നബീസല്ലാഹു അല്ലൈവലമയുടെയും അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ കൂട ജീവിച്ച സഹചരന്മാരായ സഹാബത്തിന്റെയും നിലപാടെന്താണ് അവരെങ്ങനെയാണ് ആ കാര്യം മനസ്സിലാക്കിയത് അവരെങ്ങനെയാണ് അത് അംഗീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ നാം മെനക്കെടേണ്ടതാണ് അതുപോലെ തന്നെ ഈ നബീസ്ല്ലാ ഉയൂസ്ലം വളരെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എന്റെയും എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം അള്ളാഹുവിന്റെ ഗ്രന്ഥവും എന്റെ സുന്നത്വം നിങ്ങൾ മുറുക പിടിക്കണം അതുപോലെ തന്നെ ഹുലഫ റാഷിദ് സുന്നത്തിനെയും മുറുകെ പിടിക്കണം നിങ്ങൾ എനിക്ക് ശേഷം ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് അഭിപ്രായ നിങ്ങൾക്ക് നേരിൽ കാണുവാൻ സാധിക്കും സമുദായത്തിൽ ഒരുപാട് രൂപത്തിലുള്ള തർക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾ അനുഭവപ്പെടും പക്ഷേ ആ സമയത്തൊക്കെ നിങ്ങൾ എന്റെ ചരിയയിലേക്ക് മടങ്ങുക അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്കും നബി സല്ലാ അലൈലി സ്വല്ലമിന്റെ ചരിയിലേക്കും മടങ്ങുക കൊലഫാവൂർ റാഷിദീങ്ങൾ അബൂബക്കർ റസ്മാൻ അലി തുടങ്ങിയ പ്രഗൽഭന്മാരായ ആ ഖലീഫമാരുടെ സുന്നത്ത് അവർ വേറൊരു സുന്നത്ത് അവതരിപ്പിച്ച ആളുകളല്ല മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈസ്മിന്റെ കൂടെ ജീവിച്ച് അദ്ദേഹത്തിൽ ഇന്ന് കാര്യങ്ങൾ നേരിട്ട് പഠിച്ച് മനസ്സിലാക്കി അത് അതേപടി തന്നെ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന പഠിപ്പിച്ചു കൊടുക്കുന്ന അവരുടെ ജീവിതത്തിൽ അത് പകർത്തി കാണിക്കുന്ന ഖലീഫമാരാണ് അതുകൊണ്ട് എന്റെയും ആ സച്ചരിതരായ ഖലീഫമാരുടെയും മാർഗ്ഗം പിൻപറ്റണം എന്ന് പറഞ്ഞാൽ നബിസല്ലാഹ് അലൈവു വല്ലമിയുടെ മാർഗ്ഗം തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ നബിസല്ലാ അലുവല്ലമിന്റെ മാർഗത്തെ അക്ഷരം പ്രതി അതുപോലെ തന്നെ അതിന്റെ അർത്ഥം വിടാതെ ആശയം വിടാതെ പിൻപറ്റുന്ന ആളുകളാണ് അതുകൊണ്ടുതന്നെ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ പിന്നീട് കാണുമ്പോൾ ആ അഭിപ്രായ ഭിന്നതകളിൽ നാം ശരിയായ ഒരു മാർഗ്ഗവും നിലപാടും ലഭിക്കുന്നതിനു വേണ്ടി അതിന്റെ പ്രമാണങ്ങളിലേക്ക് മടങ്ങണം ആളുകളിലേക്കല്ല നമ്മൾ മടങ്ങേണ്ടത് ആ പ്രമാണങ്ങളിലേക്ക് മടങ്ങണം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് മാത്രമല്ല നമ്മുടെ സമുദായത്തിന്റെ ഐക്യം അതേറ്റവും പ്രസക്തമായൊരു കാര്യമാണ് അനൈക്യപരമായ പ്രവണതകളെല്ലാം നാം പരാജയപ്പെടുത്തേണ്ടതുണ്ട് ഇവിടെ കൂടിയ ഈ സമൂഹത്തിൽ കൂടിയിട്ടുള്ള ഈ അറഫ മൈതാനിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ആളുകൾ ഒരു ഐക്യ സന്ദേശമാണ് മാനവ സമൂഹത്തിന് മുമ്പിൽ വെക്കുന്നത് മഹത്തായ ഒരു സന്ദേശം ഒരു ആദർശത്തിന്റെ ആളുകൾ ഒരു സിബിലെ അംഗീകരിച്ച ആളുകൾ ഒരു പ്രവാചകനെ സ്വീകരിച്ച ആളുകൾ ഒരു സൃഷ്ടാവിനെ അംഗീകരിച്ച ആളുകൾ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അവരുടെ തവജ്ജുഹ് അവരുടെ നിലപാടുകൾ അവരുടെ ആശയങ്ങൾ ഒന്നാണ് അവരുടെ തിവില ഒന്നാണ് അവരുടെ ദൂതനൊന്നാണ് അവർ അംഗീകരിക്കുന്ന അവരുടെ പ്രാർത്ഥനകളും മറ്റ് ആചാര അനുഷ്ഠാന കർമ്മങ്ങളും ഒന്നാണ് അതുകൊണ്ടുതന്നെ മാനവ സമൂഹത്തിന് ഇത്രയും ഐക്യഭദ്രമായ ഒരു സന്ദേശം ഇസ്ലാമല്ലാതെ മറ്റൊന്നും മുന്നോട്ട് വെക്കുവാനില്ല എന്നാണ് നമുക്കത് ഇവിടെ കൂടിയ ഹാജിമാരോടും എല്ലാവരോടും നാം പ്രധാനമായും ഓർമ്മപ്പെടുത്തുന്നത് അള്ളാവിന് ശുക്ര കാണിക്കണം അലഹമില്ല ഹദാനാലിഹാദ ഒമാകുന്ന അലി നെഹ്ത്തദി അലുല അൻഹദാന നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വളരെ പ്രയാസത്തോടും ബുദ്ധിമുട്ടുകളും കൂടി ഇവിടെ എത്തിപ്പെട്ടുള്ള ഹാജിമാരെ നമുക്കിതിന് അനുഗ്രഹം നൽകിയത് അള്ളാഹുവാണ് അവനോട് നന്ദി കാണിക്കണം പ്രാർത്ഥനകളിലൂടെ വിക്രുകളിലൂടെ സമർപ്പണങ്ങളിലൂടെ അള്ളാഹുവിനോട് നാം നന്ദി കാണിക്കേണ്ട സന്ദർഭമാണ് ഇവിടെ ഈ അറഫയിൽ ഒരുമിച്ച് കൂടിയ ആളുകളുടെ ദിക്കൃകളും ദ്വാരകളും പ്രാർത്ഥനകളും പടച്ച കേൾക്കുന്നു അവർക്ക് ഉത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു അള്ളാവിന്റെ സന്നിധാനത്തിലുള്ള ആളുകളോട് അവരെക്കുറിച്ച് അല്ലാഹു പെരുമ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ അള്ളാഹുവിന്റെ ആ മഹത്വത്തെ വാഴ്ത്തുന്ന ആ സജ്ജരായ ആ സജ്ജരിതരായ അള്ളാഹുവിന്റെ അടിമകളെ നോക്കി അള്ളാഹു അങ്ങേറ്റ സന്തോഷം കൊള്ളുന്ന സന്ദർഭത്തിലാണ് നിങ്ങൾ കഴിഞ്ഞുകൂടുന്നത് എന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ ഇസ്ലാമിൽ വെറുക്കപ്പെട്ടു ഒരുപാട് വസ്തുതകളോട് ശക്തമായ നിലപാടാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും കങ്കട്ടുകളും ജാലവിദ്യകളും മാറളും മറ്റ് പൈശാചിക പ്രവണതകളും തള്ളിക്കളയേണ്ട കാര്യമാണ് അതുകൊണ്ടുതന്നെ വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹ്സുബാനൊഹത്താല രണ്ട് മലക്കുകളെ അയച്ച് പരീക്ഷണമായ സിഹറ് മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ട് അത് ഞങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കരുത് എന്ന് പ്രത്യേകം അങ്ങനെ പഠിക്കുക ആ പഠിക്കുന്ന സിഹറ് മനുഷ്യ സമൂഹത്തിനിടയിൽ ധാരാളം കുഴപ്പങ്ങളും പിന്നെ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നതാണെന്ന് പ്രത്യേകം മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഒരു പരീക്ഷണാർത്ഥം ആ മലക്കുകളെ അള്ളാഹുഹു സുബനോത്തല അയച്ച വിവരം വിഷു ദുഖാനിൽ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ അതുപോലെയുള്ള ഒരുപാട് പൈശാചിക പ്രവണതകളെ നാം ഒഴിവാക്കി കളയേണ്ടതുണ്ട് സബോൽ മുമ്പ് കാത്തിൽ അള്ളാഹു സുബഹാനോത്തല ഷിർക്കിനോടൊപ്പം ചേർത്ത് പറഞ്ഞിട്ടുള്ള ഒന്നാണ് സിഹറ് മാറണം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് മാരണമില്ല എന്നല്ല ഈ തെളിവുകൾ കൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാകുന്നത് നേരെ മറിച്ച് ഒരു മഹാപാപമായി ഇസ്ലാം എണ്ണിയിട്ടുണ്ട് അഥവാ അതിനോട് അടുത്തു ആ സാഹചര്യങ്ങളുമായി ഒരു ബന്ധവും നമുക്ക് പാടില്ല ആ അതുപോലെ തന്നെ സിഹറിൽ നമ്മൾ ഇടപെടാൻ പാടില്ല അത് കടുത്ത പാതകമാണ് അതുപോലെ തന്നെ സാമ്പത്തികമായ ഇടപാടുകളെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകം ചിന്തിക്കണം ഒരു ശക്തമായ സാമ്പത്തിക ക്രമമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അവിടെ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ആ വിഭജനങ്ങൾ വളരെ വ്യക്തമായി പരസ്പരം ശത്രുതക്കും അതുപോലെ തന്നെ രക്തച്ചൊരിച്ചിലിനും പ്രേരകമാകുന്ന ഒരു സ്വഭാവമേ ഇസ്ലാമിലില്ല നെമറിച്ച് പലിശയെ നിഷേധിച്ചും അതുപോലെ തന്നെ ദാനധർമ്മങ്ങളെ പ്രോത്സാഹിപ്പിച്ചുമുള്ള ഒരു ഇസ്ലാമിക സാമ്പത്തിക ക്രമമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അള്ളാഹു സുബഹാനുത്തല വിശുദ്ധ പറഞ്ഞു എമഹക്കുല്ലാഹു റിബ പൊയ്റുബി സദക്കാത്ത് പലിശയെ അള്ളാഹു മായിച്ചു ഒരു പലിശ കൊണ്ടുള്ള ഒരേ ഇടപാടുകളിലും അള്ളാഹുവിന്റെ ബർക്കത്തും അനുഗ്രഹവും ഉണ്ടാവുകയില്ല നെമറിച്ച് ദാനധർമ്മങ്ങളെ അള്ളാഹ് ഹുസുബ്ഹാനുത്തിലെ സതക്കുകളെയും സക്കാത്തുകളെയും അള്ളാഹ് പരിപോഷിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്നു എന്ന് ഖുർആാൻ പ്രത്യേകം എടുത്തു അതുകൊണ്ട് പരിസരത്ത് നിന്നവൻ അങ്ങൻ വിഷാജ് മറച്ചു വീഴ്ത്തുന്നവനെപ്പോലെ കയാമനാളിൽ മറച്ചു വീഴ്ത്തപ്പെടും എന്ന് വിഷുദുർ അനാഹ് ഹുസുബാനത്തലെ മുന്നറിയിപ്പ് നൽകുന്നു അതുകൊണ്ട് എല്ലാ ആളുകളും പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ കൂടുതൽ ബദ്ധശത്രായിരിക്കേണ്ടതാണ് ഇസ്ലാമികമായ സാമ്പത്തിക ക്രമം അംഗീകരിക്കുവാൻ ഈ ലോകം തയ്യാറായിരുന്നുവെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് യുദ്ധങ്ങൾ ഒരുപാട് രക്തച്ചൊരിച്ചിടുകൾ ഒരുപാട് മനുഷ്യ വധങ്ങൾ അവർക്ക് ഒഴിവാക്കാമായിരുന്നു അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രബോധകന്മാരോടും പണ്ഡിതന്മാരോടും എനിക്ക് പ്രത്യേകം ഉപദേശങ്ങൾ നൽകുവാനുണ്ട് സഹോദരന്മാരെ നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ധർമ്മം ഒരു മഹത്തായ ധർമ്മമാണ് ഏറ്റവും ഉത്തമമായ ഒന്നാണ് ഈ പ്രബോധന കർമ്മമെന്ന് പറയുന്നത് വിശ്വ ദുഹാനിൽ അള്ളാഹുസുബാനുത്തൽ പറഞ്ഞു ഒമൻസൻ ഏറ്റവും അള്ളാഹുവിന്റെ അടുക്കലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ല വാക്കുച്ചരിച്ചവൻ ആരുണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ക്ഷണിക്കുകയും ചെയ്തതിനേക്കാൾ പിന്നെ ഏറ്റവും നല്ലവൻ വേറെ ആരുണ്ട് ഒക്കാല ഇന്നൻ ഈമിനിൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിം വഴിയിൽപ്പെട്ടവനാണ് എന്ന് വളരെ തുറന്ന് പ്രഖ്യാപിക്കുന്നവനേക്കാളും മുത്തമൻ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടുതന്നെ നാം ആ പണ്ഡിതന്മാരായ ആളുകൾ പ്രത്യേകമായി നമ്മൾ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വലിമിന്റെ സന്ദേശം മനുഷ്യ സമൂഹത്തിന്റെ അടുക്കൽ പ്രചരിപ്പിക്കേണ്ടവരാണ് പ്രചരിപ്പിക്കുന്നവരാണ് എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ട് നമ്മുടെ ദേഴത്ത് കുറ്റമറ്റതായിരിക്കണം വിദഗ്ധുകളും ഖുറാഫാത്തുകളും അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ദേഴത്ത് പരിശുദ്ധമായിരിക്കണം എന്ന് നാം നമ്മുടെ ബോധം നമുക്ക് കൂടുതലുണ്ടായിരിക്കണം അതുപോലെ തന്നെ വളരെയധികം പഠന പിന്നെ പ്രാധാന്യമറിയിക്കുന്ന വിലപ്പെട്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പശ്ചാപത്തിന്റെ സമയമാണിത് ഏതൊരു പശ്ചാത്താപത്തെയും അള്ളാഹു സുബ്ഹാനത്തല സ്വീകരിക്കുന്ന സമയമാണ് ഇസ്തീഫാറിന്റെ സമയമാണ് പരിവിശുദ്ധമായ മനസ്സറിഞ്ഞുകൊണ്ടുള്ള നിഷ്കളങ്കമായ പശ്ചാത്താപം ആര് നിർവഹിക്കുന്നുവോ ആ പശ്ചാത്താപം അള്ളാഹു സുബാനുത്തല സ്വീകരിക്കും അള്ളാഹു സുബ്ഹാനുല്യാബാദി അല്ല ദിനെ അസ്റഫു അല അംബു സഹിം ലാ തനു തൂന്നി റഹ്മുനൂബ് റഹീം എന്റെ അടിമകളെ അസ്രഫു അല അംബു സഹിം സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചുപോയിട്ടുള്ള അടിമകളെ ലാത്തക്കനു തുമർ റഹ്മത്തില്ല അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടരുത് ഇന്നല്ലാഹുഫറുദ്ദുനൂബ് ജമിയ കുറ്റം എല്ലാ കുറ്റങ്ങളും അള്ളാഹു സുബഹാനുഹത്തൊടുത്തു തരുന്നതാണ് എല്ലാ ഒരു പാപവും ഇല്ലാതെ അള്ളാഹാ ഹുസുബാനത്തിലെ പുറക്കും ഇന്ന ഹുഹുൽ ഗഫുർ റഹീം അവൻ അങ്ങേറ്റം പാപ്പം കുറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്ന് വിഷുദ്ർ അനിൽ അള്ളാഹു ഹുസുബാനത്തിലെ പറയുന്നു അതുകൊണ്ട് ഈ ഇവിടെ കൂടിയ ഹാജിമാരായ ആളുകൾ മുഴുവനും അവരുടെ പാപ്പങ്ങൾ പുറത്തുതരാൻ വേണ്ടി അള്ളാഹുവിനോട് താണുകേൺ അപേക്ഷിക്കുക അള്ളാഹുവിനോട് കാര്യം ഏറ്റുപറയുക എന്നിട്ട് പാപമോചനത്തിന് അവർ അള്ളാഹുവിനോട് അപേക്ഷിക്കുക ഇതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുവാനുള്ളത് അള്ളാഹ് ഹുസുബഹാനുഹത്താല നമ്മുടെ പാപ്പങ്ങൾ മുഴുവൻ പുറത്തു നമ്മുടെ ഇസ്ലാമിനും ദീനിനും സമൂഹത്തിനും അള്ളാഹ് ഹുസുബഹാനുഹത്താലും ബർക്കത്ത് നൽകുവാറാകട്ടെ എല്ലാ ഇസ്ലാം പരീക്ഷണങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വേദന അനുഭവിക്കുന്ന ലോകത്തിന്റെ പരഭാഗങ്ങളിലുമുള്ള സത്യവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു ആശ്വാസവും അതുപോലെ തന്നെ സഹായം നൽകുമാറാകട്ടെ ഇസ്ലാമിനെ അള്ളാഹു അതിന്റെ ഐസ്സത്തിലേക്ക് എത്തിക്കുകയും അവിശ്വാസികളെ അള്ളാഹു പരാജയപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ റബ്ബന ആത്തിന അഫിദ്ന്യാ ഹസന ഒഫുൽ ആഹ്ർത്തി ഹസ്നത്ത് മുഖന അദാബെന്നാർ വ ആർ ദവാന അനി ഹബിളാലമീൻ അള്ളാഹു മുസല്ലി വസല്ലിം പൊബാരി അല അബ്ദിക്കോ റസൂലിഖ് മുഹമ്മദ് ബാല അലഹി വസാഹബി ജുമായൻ അലൈക്കും വളരെ സംക്ഷിപ്തമായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായി കണിശമായി അത് മനസ്സിലാക്കി എടുക്കുന്നതിൽ സാധിച്ചിട്ടില്ല കാരണം അത് വന്ന പിന്നെ ഞാനത് കേട്ട റേഡിയോയിലും പല രൂപത്തിലുള്ള ആളുകളുടെയും ശബ്ദങ്ങൾ കൂടിച്ചേർന്നും പിന്നെ വളരെയധികം നേരെ നേരിയ ശബ്ദത്തിലുള്ള റെക്കോർഡിങ്ങുമാണ് ഞാൻ കേട്ടത് അതുകൊണ്ട് അതിൽ ചില ആശയങ്ങൾ മാത്രം പിടിച്ചെടുത്ത് അതിൽ പറഞ്ഞ വസ്തുക്കൾ ഒരുപാട് കാര്യങ്ങൾ വേറെയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഇതൊരു വലിയ ട്രാൻസ്ലേഷനായി നിങ്ങൾ കാണരുത് സംക്ഷിപ്തമായ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ ഇതിൽ വന്ന് സംഭവിച്ച തെറ്റുകളൊക്കെ അള്ളാഹു വുസുബാനോത്തല പുറത്തു തരുമാറാകട്ടെ നമ്മുടെ ഇത്തരമുള്ള സൽക്രമങ്ങൾ സമൂഹത്തിൽ ഇത്രയധികം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അങ്ങേയറ്റം സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ് നമ്മുടെ മലയാളി ക്ലാസ് റൂം അതിന് അള്ളാഹു സുബ്ഹാനത്തല പരിപോഷണം നൽകുമാറാകട്ടെ എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു സുബഹാ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മുടെ പ്രസ്ഥാനത്തെ അള്ളാഹു സുബഹാനതല രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു സുബഹാനുഹുത്താല പരസ്പര ഐക്യത്തോടും അതുപോലെ തന്നെ പൂർവാധികം ശക്തിയോടും കൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാഴ്ചം പ്രബോധനം നടത്തുവാൻ ഈ പ്രസ്ഥാനത്തിന്റെ പ്രബോധകൻമാർക്കും അതിന്റെ പ്രവർത്തകൻമാർക്കും അള്ളാഹു സുബഹാനത്തല തോഫിക് നൽകുമാറാകട്ടെ വാഹർദാന അലഹമ്മറബുലമീൻ അള്ളാഹു മുസല്ലി വസ്ലിൻ പൊബാരി ആബ്ദിക്കുറസൂലിക് മുഹമ്മദ്